അവർ ചോദിച്ചു ഈ ദൂതനെന്തു പറ്റി അവൻ ഭക്ഷണം കഴിക്കുകയും ചന്തകളിൽ നടക്കുകയും ചെയ്യുന്നു അവനിലേക്ക് ഒരു മലക്ക് മാലാഘ ഇറങ്ങി വരികയും അവനോടൊപ്പം ഒരു മുന്നറിയിപ്പുകാരനാകുകയും ചെയ്യേണ്ടതല്ലായിരുന്നു